യൂണിറ്റ് സിക്സ്റ്റീൻ ലെസൺ ഫിഫ്റ്റിനിസൺ ഉള്ളി പഴയ കഥ ഞാൻ പറഞ്ഞപ്പോഴൊന്നും താൻ വിശ്വസിച്ചില്ല എന്നിട്ട് ഇപ്പോഴെന്തായി നേരിട്ട് കാണുമ്പോഴെങ്കിലും വിശ്വാസമാകുന്നുണ്ടോ നേരിട്ട് കാണുമ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും പക്ഷെ വാസ്തവം പറയുകയാണെങ്കിൽ ഇത് കുറച്ച് കഷ്ടമായിപ്പോയി എന്താ ഇതിലെത്ര കഷ്ടം പറയാൻ പുതിയ ഓഫീസർ നല്ല ചുണക്കുട്ടനാണല്ലോ പിന്നെ ചകലം തണ്ടുണ്ട് അത് പിന്നെ ഐ എസ് ഗമ കാണിക്കാതിരിക്കും പുതിയ ഓഫീസറുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മേനോൻ സാറിന്റെ കാര്യം ഓർത്ത് ഞാൻ പറഞ്ഞു പോയതാണ് സാർ അവധി കഴിഞ്ഞു വരുമ്പോൾ ഇതറിഞ്ഞ വലിയ മനഃപ്രയാസമായിരിക്കും അതെന്താ അവർ തമ്മിൽ അത്ര രസമില്ലേ ഞാനും ചിലതൊക്കെ അറിഞ്ഞു മേനോൻ സാറും അദ്ദേഹവും അയൽക്കാരായിരുന്നത്രെ പക്ഷെ ഏതോ വസ്തുതർക്കം മൂലം ഇപ്പോൾ പിണക്കത്തിലാണ് പോലും കണ്ടാൽ മുഖം തിരിച്ചു നടക്കുമത്രേ ഈ പച്ചക്കള്ളം ഒക്കെ തന്നോട് ആര് പറഞ്ഞു ആരും എന്നോട് പറഞ്ഞതല്ല അയ്യരും മണിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ വീണതാണ് അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം കാണുമോ അവർ പറയുന്നതിൽ സത്യമില്ലായിരിക്കും പക്ഷെ താനു ഇപ്പോൾ എന്തോ സൂചിപ്പിച്ചില്ലേ അതെന്താ മേനോൻ സാറും ഇദ്ദേഹവും ഒരു നാട്ടുകാർ പോലുമല്ല പക്ഷെ ഒരു കോളേജിൽ പഠിച്ചു മേനോൻ സാർ ബി എ ഫയലിന് ഇദ്ദേഹവും ആ കോളേജിൽ ചേർന്നു അക്കുല്ലത്തെ കോളേജ് തിരഞ്ഞെടുപ്പിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ടുപേരും മത്സരിച്ചു മേനോൻ സാറാണത്രേ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞപ്പോൾ ഇരു കക്ഷികളും തമ്മിൽ ഒരു വലിയ വഴക്കുണ്ടായത്രേ ആ വഴക്കോടുകൂടി ഇവർ രണ്ടുപേരും പരസ്പരം മിണ്ടാതെയായി അന്ന് പിണങ്ങിയവർ പിന്നെ മിണ്ടിയില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹം ഐ എ വിവരം അറിഞ്ഞ ഉടനെ മേനോൻ സാർ അഭിനന്ദനവും അറിയിക്കാൻ പോയപ്പോൾ സാറിനെ അപമാനിച്ചയച്ചു പഴയ കടം അങ്ങനെ വീട്ടിയതാണത്രേ ഈ പഴങ്കഥയൊക്കെ താൻ എവിടെ നിന്ന് കുഴിച്ചെടുത്തു ഞാൻ കുഴിച്ചെടുത്തതല്ല മേനോൻ സാർ തന്നെ പറഞ്ഞതാണ് ഒരിക്കൽ ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ അടുത്തുകൂടി കാറോടിച്ചു പോകുന്നത് കണ്ടു അന്ന് ഒരു നെടുവീർപ്പോടു കൂടി മേനോൻ സാർ എന്നോട് പറഞ്ഞതാണിതല്ല ആ സ്ഥിതിക്ക് ഇദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ മേലോൻസാറിന് വലിയ പ്രയാസമായിരിക്കും അല്ലെ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥവും ഞാൻ പറഞ്ഞപ്പോഴൊന്നും താൻ ഞാൻ പറഞ്ഞപ്പോഴൊന്നും താൻ വിശ്വസിച്ചില്ല എന്നിട്ട് ഇപ്പോഴെന്തായി എന്നിട്ട് ഇപ്പോഴെന്തായി നേരിട്ട് കാണുമ്പോഴെങ്കിലും വിശ്വാസമാകുന്നുണ്ടോ നേരിട്ട് കാണുമ്പോഴെങ്കിലും വിശ്വാസമാകുന്നുണ്ടോ നേരിട്ട് കാണുമ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും നേരിട്ട് കാണുമ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും പക്ഷെ വാസ്തവം പറയുകയാണെങ്കിൽ ഇതു കുറച്ച് കഷ്ടമായി പോയി പക്ഷെ വാസ്തവം പറയുകയാണെങ്കിൽ ഇത് കുറച്ച് കഷ്ടമായി പോയി എന്താ ഇതിലെത്ര കഷ്ടം പറയാൻ എന്താ ഇതിലിത്ര കഷ്ടം പറയാൻ പുതിയ ഓഫീസർ നല്ല ചുണക്കൂട്ടനാണല്ലോ പുതിയ ഓഫീസർ നല്ല ചുണക്കൂട്ടനാണല്ലോ പിന്നെ ശകലം തണ്ടുണ്ട് പിന്നെ ശകലം തണ്ടുണ്ട് അതു പിന്നെ ഐ എസ് കാരുടെ ഗമ കാണിക്കാതിരിക്കുമോ അത് പിന്നെ ഐ എസ് ഗമ കാണിക്കാതിരിക്കുമോ പുതിയ ഓഫീസറുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ഓഫീസറുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മേനോൻ സാറിന്റെ കാര്യം ഓർത്ത് ഞാൻ പറഞ്ഞു പോയതാണ് മേനോൻ സാറിന്റെ കാര്യമോർത്ത് ഞാൻ പറഞ്ഞു പോയതാണ് സാർ അവധി കഴിഞ്ഞു വരുമ്പോൾ സാർ അവധി കഴിഞ്ഞു വരുമ്പോൾ ഇതറിഞ്ഞ് വലിയ മനപ്രയാസമായിരിക്കും ഇതറിഞ്ഞ് വലിയ മനപ്രയാസമായിരിക്കും അതെന്താ അതെന്താ അവർ തമ്മിൽ അത്ര രസമില്ലേ അവർ തമ്മിൽ അത്ര രസമില്ലേ ഞാനും ചിലതൊക്കെ അറിഞ്ഞു ഞാനും ചിലതൊക്കെ അറിഞ്ഞു മേനോൻ സാറും അദ്ദേഹവും അയൽക്കാരായിരുന്നത്രീ മേനോൻ സാറും അദ്ദേഹവും അയൽക്കാരായിരുന്നത്രീ പക്ഷേ ഏതോ വസ്തുതർക്കം മൂലം ഇപ്പോൾ പക്ഷേ ഏതോ വസ്തുതർക്കം മൂലം ഇപ്പോൾ പിണക്കത്തിലാണ് പോലും പിണക്കത്തിലാണ് പോലും കണ്ടാൽ മുഖം തിരിച്ചു നടക്കുമത്രെ കണ്ടാൽ മുഖം തിരിച്ചു നടക്കും ഈ പച്ചക്കള്ളം ഒക്കെ തന്നോട് ആര് പറഞ്ഞു ഈ പച്ചക്കള്ളം ഒക്കെ തന്നോട് ആര് പറഞ്ഞു ആരും എന്നോട് പറഞ്ഞതല്ല ആരും എന്നോട് പറഞ്ഞതല്ല അയ്യരും മണിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ചെവിയിൽ വീണതാണ് അയ്യരും ചെവിയിൽ വീണതാണ് അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം കാണുമോ അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം കാണുമോ അവർ പറയുന്നതിൽ സത്യമില്ലായിരിക്കും അവർ പറയുന്നതിൽ സത്യമില്ലായിരിക്കും പക്ഷെ താനും ഇപ്പോൾ എന്തോ സൂചിപ്പിച്ചില്ലേ പക്ഷെ താനും ഇപ്പോഴെന്തോ സൂചിപ്പിച്ചില്ലേ അതെന്താ അതെന്താ മേനോൻ സാറും ഇദ്ദേഹവും ഒരു നാട്ടുകാർ പോലും അല്ല മേനോൻ സാറും ഇദ്ദേഹവും ഒരു നാട്ടുകാർ പോലും അല്ല പക്ഷേ ഒരു കോളേജിൽ പഠിച്ചു പക്ഷേ ഒരു കോളേജിൽ പഠിച്ചു കൊണ്ടിരുന്നവരാണത്രേ മേനോൻ സാർ ബിഎ എ ഫൈനലിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മേനോൻ സാർ ബി എ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹവും ആ കോളേജിൽ ചേർന്നു ഇദ്ദേഹവും ആ കോളേജിൽ ചേർന്നു അക്കൊല്ലത്തെ കോളേജ് തിരഞ്ഞെടുപ്പിൽ അക്കൊല്ലത്തെ കോളേജ് തിരഞ്ഞെടുപ്പിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ടുപേരും മത്സരിക്കും സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ടുപേരും മത്സരിച്ചു മേനോൻ സാറാണത്ര തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് മേനോൻ സാറാണത്രേ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞപ്പോൾ ഇരു കക്ഷികളും തമ്മിൽ ഒരു വലിയ വഴക്കുണ്ടായത്രേ ഇരു കക്ഷികളും തമ്മിൽ ഒരു വലിയ വഴക്കുണ്ടായത്രേ ആ വഴക്കോടുകൂടി ഇവർ രണ്ടുപേരും പരസ്പരം മിണ്ടാതെയായി ആ വഴക്കോടുകൂടി ഇവർ രണ്ടുപേരും പരസ്പരം മിണ്ടാതെയായി അന്ന് പിണങ്ങിയവർ പിന്നെ മിണ്ടിയില്ല അന്ന് പിണങ്ങിയവർ പിന്നെ മിണ്ടിയില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹം ഐ എസ് പാസായ വിവരം അറിഞ്ഞ ഉടനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹം ഐ എ എസ് പാസായ വിവരം അറിഞ്ഞ ഉടനെ മേനോൻ സാർ അഭിനന്ദനം അറിയിക്കാൻ പോയപ്പോൾ മേനോൻ സാർ അഭിനന്ദനം അറിയിക്കാൻ പോയപ്പോൾ സാറിനെ അപമാനിച്ചയച്ചുപോലും െ അപമാനിച്ചയച്ചുപോലും പഴയ കടം അങ്ങനെ വീട്ടിയതാണത്രേ പഴയ കടം അങ്ങനെ വീട്ടിയതാണത്രേ ഈ പഴങ്കഥയൊക്കെ താൻ എവിടുന്ന് കുഴിച്ചെടുത്തു ഈ പഴം കഥയൊക്കെ താൻ എവിടുന്ന് കുഴിച്ചെടുത്തു ഞാൻ കുഴിച്ചെടുത്തതല്ല ഞാൻ കുഴിച്ചെടുത്തതല്ല മേനോൻ സാർ തന്നെ പറഞ്ഞതാണ് മേനോൻ സാർ തന്നെ പറഞ്ഞതാണ് ഒരിക്കൽ ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പോൾ ഒരിക്കൽ ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ അടുത്തുകൂടി കാറോടിച്ചു പോകുന്നത് കണ്ടു ഇദ്ദേഹം ഞങ്ങളുടെ അടുത്തുകൂടി കാറോടിച്ചു പോകുന്നത് കണ്ടു അന്ന് ഒരു നെടുവീർപ്പോടുകൂടി മെനോൺസാർ എന്നോട് പറഞ്ഞതാണിതെല്ലാം അന്ന ഒരു നെടുവീർപ്പോടുകൂടി മേനോൺ സാർ എന്നോട് പറഞ്ഞതാണിതെല്ലാം മഹാസ്ഥിതിക്ക് ഇദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ആ സ്ഥിതിക്ക് ഇദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ മേനോൻ സാറിന് വലിയ പ്രയാസമായിരിക്കും അല്ലെ മേനോൻ സാറിന് വലിയ പ്രയാസമായിരിക്കും അല്ലെ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥവും അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥവും ഡ്രിൽസ് റെപ്പറ്റീഷൻ ഡ്രിൽ ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ല അദ്ദേഹം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു നേതാവ് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു നേതാവ് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു അവർ സംസാരിക്കാതെ ഇരുന്നപ്പോൾ എല്ലാം ഭംഗിയായി നടന്നു അവർ സംസാരിക്കാതെ ഇരുന്നപ്പോൾ എല്ലാം ഭംഗിയായി നടന്നു അവർ സംസാരിക്കാത്തപ്പോൾ എല്ലാം ഭംഗിയായി നടന്നു അവർ സംസാരിക്കാത്തപ്പോൾ എല്ലാം ഭംഗിയായി നടന്നു കുട്ടികളെ കൊഞ്ചിക്കാതെ ഇരുന്നപ്പോൾ അവർ വേണ്ടത്ര ആഹാരം കഴിച്ചു കുട്ടികളെ കൊഞ്ചിക്കാതെ ഇരുന്നപ്പോൾ അവർ വേണ്ടത്ര ആഹാരം കഴിച്ചു കുട്ടികളെ കൊഞ്ചിക്കാത്തപ്പോൾ അവർ വേണ്ടത്ര ആഹാരം കഴിച്ചു കുട്ടികളെ കൊഞ്ചിക്കാത്തപ്പോൾ അവർ വേണ്ടത്ര ആഹാരം കഴിച്ചു ആരും കാണാതെ ഇരിക്കുമ്പോൾ അവനത് എടുത്തു ആരും കാണാതെ ഇരിക്കുമ്പോൾ അവനത് എടുത്തു ആരും കാണാത്തപ്പോൾ അവൻ അത് എടുത്തു ും കാണാത്തപ്പോൾ അവനത് എടുത്തു ഞാൻ വീട്ടിലെത്തുമ്പോൾ നേരം ഇരുട്ടും ഞാൻ വീട്ടിലെത്തുമ്പോൾ നേരം ഇരുട്ടും അമ്മയെ കാണുമ്പോൾ കുട്ടി ഓടി വരും അമ്മയെ കാണുമ്പോൾ കുട്ടി ഓടി വരും നല്ല കാലം വരുമ്പോൾ ചില ആളുകൾ പഴയ കൂട്ടുകാരെ മറക്കും നല്ല കാലം വരുമ്പോൾ ചില ആളുകൾ പഴയ കൂട്ടുകാരെ മറക്കും അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോൾ കുട്ടികൾ മിണ്ടാതെ അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോൾ കുട്ടികൾ മിണ്ടാതിരുന്നു പണം വേണ്ടാത്തപ്പോൾ ധാരാളം കിട്ടിയത് എന്ത് ഫലം പണം വേണ്ടാത്തപ്പോൾ ധാരാളം കിട്ടിയത് കൊണ്ട് ഫലം നമുക്ക് വേണ്ടപ്പോൾ വേണ്ടതൊന്നും കിട്ടില്ല പ്പോൾ വേണ്ടതൊന്നും കിട്ടില്ല കയ്യിൽ പൈസ ഉള്ളപ്പോൾ ചുറ്റും ആളുകളും കാണും കയ്യിൽ പൈസ ഉള്ളപ്പോൾ ചുറ്റും ആളുകളും കാണും ഞാൻ ചോദിച്ച ഉടനെ ഒട്ടും മടിക്കാതെ നൂറ് രൂപ അവരെനിക്കു കടം തന്നു ഞാൻ ചോദിച്ച ഉടനെ ഒട്ടും മടിക്കാതെ നൂറ് രൂപ അവരെനിക്ക് കടം തന്നു ശമ്പളം കിട്ടുന്ന ഉടനെ ഞാൻ വീട്ടാം ശമ്പളം കിട്ടുന്ന ഉടനെ ഞാനാ കടം വീട്ടാം അയാൾ വന്നാലുടനെ എന്നെ വിളിക്കണം അയാൾ വന്നാലുടനെ എന്നെ വിളിക്കണം ബിൽഡപ് ഡ്രിൽ മോഡൽ നിന്നു നിന്നു എണീറ്റു എണീറ്റ് നിന്നു വിദ്യാർത്ഥികളെല്ലാം വിദ്യാർത്ഥികളെല്ലാം എണീറ്റു നിന്നു ടീച്ചർ വന്നപ്പോൾ പ്പോൾ വിദ്യാർത്ഥികളെല്ലാം എണീറ്റു നിന്നു നൗ ഫോളോ ദ മോഡൽ കുടുംബ പ്രാരാബ്ദമൊന്നും കുടുംബ പ്രാരബ്ധമൊന്നും ഇല്ലായിരുന്നു കല്യാണം കഴിക്കാതെ ഇരുന്നപ്പോൾ കല്യാണം കഴിക്കാതെ ഇരുന്നപ്പോൾ ഈ കുടുംബ പ്രാരബമൊന്നും ഇല്ലായിരുന്നു ഓർമ്മ വന്നു ഓർമ്മ വന്നു അയാൾക്ക് ഓർമ്മ വന്നു അനിയത്തിയെ അനിയത്തിയെ അയാൾക്ക് ഓർമ്മ വന്നു തൻ്റെ മരിച്ചുപോയ മരിച്ചുപോയ തന്റെ അനിയത്തിയെ അയാൾക്ക് ഓർമ്മ വന്നു മകളെ കാണുമ്പോഴൊക്കെ മകളെ കാണുമ്പോഴൊക്കെ മരിച്ചുപോയ തന്റെ അനിയത്തെ അയാൾക്ക് ഓർമ്മ വന്നു ഇളയ മകളെ കാണുമ്പോഴൊക്കെ മരിച്ചുപോയ തന്റെ അനിയത്തേ അയാൾക്ക് ഓർമ്മ ും അവിടെ അവിടെ ഇല്ലായിരിക്കും ട്രെയിൻ വിടെ ഇല്ലായിരിക്കും സ്റ്റേഷനിൽ എത്തുമ്പോൾ സ്റ്റേഷനിൽ എത്തുമ്പോൾ ട്രെയിൻ അവിടെ ഇല്ലായിരിക്കും ഇങ്ങനെ നടന്നാൽ ഇങ്ങനെ നടന്നാൽ സ്റ്റേഷനിലെത്തുമ്പോൾ ട്രെയിൻ അവിടെ ഇല്ലായിരിക്കും നമ്മൾ നമ്മൾ ഇങ്ങനെ നടന്നാൽ സ്റ്റേഷനിലെത്തുമ്പോൾ ട്രെയിൻ അവിടെ ഇല്ലായിരിക്കും േഷൻ ഡ്രിൽ മോഡൽ വൺ ഞാൻ അറിഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു ഞാൻ അറിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു നൗ ഫോളോ ദോഡൽ അവർ മിണ്ടി ഞാനും മിണ്ടി അവർ മിണ്ടിയപ്പോൾ ഞാനും മിണ്ടി നന്നായി എഴുതി അപ്പോൾ നന്നായി എഴുതിയപ്പോൾ ജയിച്ചു മുകളിൽ നിന്ന് വീണു അപ്പോഴും അവൻ കരഞ്ഞില്ല മുകളിൽ നിന്ന് വീണപ്പോഴും അവൻ കരഞ്ഞില്ല അച്ഛൻ മരിച്ചു അപ്പോൾ കുടുംബ പ്രാരബ്ദം ജോണിന്റെ തലയിൽ വീണു അച്ഛൻ മരിച്ചപ്പോൾ കുടുംബ ജോണിന്റെ തലയിൽ വീണു വീട്ടുകാർ ആ ബന്ധത്തെ അറിഞ്ഞു അപ്പോൾ അവർ അവനെ വഴക്കു പറഞ്ഞു വീട്ടുകാർ ആ ബന്ധത്തെ പറ്റി അറിഞ്ഞപ്പോൾ അവർ അവനെ വഴക്കു പറഞ്ഞു അച്ഛൻ വഴക്കു പറഞ്ഞു അപ്പോഴും അവനൊന്നും മിണ്ടിയില്ല അച്ഛൻ വഴക്കു പറഞ്ഞപ്പോഴും അവനൊന്നും വിട്ടിയില്ല മോഡൽ ടു കുട്ടി ചിരിക്കും അപ്പോൾ അമ്മയും ചിരിക്കും കുട്ടി ചിരിക്കുമ്പോൾ അമ്മയും ചിരിക്കും നൗ ഫോളോ ദ മോഡൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കും അപ്പോൾ എല്ലാം മനസ്സിലാകും ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ എല്ലാം മനസ്സിലാകും ഹെഡ് മാസ്റ്റർ ചോദിക്കും അപ്പോൾ സത്യം പറയണം ഹെഡ് ചോദിക്കുമ്പോൾ സത്യം പറയണം ബസിൽ യാത്ര ചെയ്യും അപ്പോൾ കയ്യും തലയും പുറത്തിടരുത് ബസിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യും തലയും പുറത്തിടരുത് ഓടിത്തളർന്നു വരും അപ്പോൾ പച്ചവെള്ളം കുടിക്കാൻ പാടില്ല ഓടിത്തളർന്ന് വരുമ്പോൾ പച്ചവെള്ളം കുടിക്കാൻ പാടില്ല ഇനി വരും അപ്പോൾ ചോദിക്കാം ഇനി വരുമ്പോൾ ചോദിക്കാം എനിക്ക് പോകാൻ സമയമാകും അപ്പോൾ മഴയും പെയ്യും എനിക്ക് പോകാൻ സമയമാകുമ്പോൾ മഴയും പെയ്യും മോഡൽ ത്രീ അമ്മയെ കണ്ടില്ല അപ്പോൾ കുഞ്ഞു കരഞ്ഞു അമ്മയെ കാണാത്തപ്പോൾ കുഞ്ഞു കരഞ്ഞു നൗ ഫോള മോഹനൻ സിനിമ കണ്ടില്ല അപ്പോഴും അച്ഛൻ അവനെ വഴക്കു പറഞ്ഞു മോഹനൻ സിനിമ കാണാത്തപ്പോഴും അച്ഛൻ അവനെ വഴക്കു പറഞ്ഞു രഘു വീട്ടിലേക്ക് കത്തെഴുതിയില്ല അപ്പോൾ അവന്റെ വീട്ടുകാർ അവനെ തേടി വന്നു രഘു വീട്ടിലേക്ക് കത്തെഴുതാത്തപ്പോൾ അവന്റെ വീട്ടുകാർ അവനെ തേടി വന്നു മകൻ ചോറുണ്ടില്ല അപ്പോൾ അമ്മ സങ്കടപ്പെട്ടു മകൻ ചോറ് ജോലി ഇല്ലാത്തപ്പോഴും അയാൾക്ക് അഹങ്കാരമില്ലായിരുന്നു അധ്യാപകൻ വന്നില്ല അപ്പോൾ വിദ്യാർത്ഥികൾ ബഹളം കൂട്ടി ൻ വരാത്തപ്പോൾ വിദ്യാർത്ഥികൾ ബഹളം കൂട്ടി കളിക്കാൻ വിട്ടില്ല അപ്പോൾ കുഞ്ഞ് കരഞ്ഞു കളിക്കാൻ വിടാത്തപ്പോൾ കുഞ്ഞ് പിടിച്ചു കരഞ്ഞു മോഡൽ ഫോർ നിങ്ങൾ പറയില്ല അപ്പോൾ ഞാൻ എങ്ങനെ കേൾക്കും നിങ്ങൾ പറയാതെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ കേൾക്കും നൗ ഫോളോ എന്നെ വിളിക്കില്ല അപ്പോൾ ഞാൻ പോവില്ല എന്നെ വിളിക്കാതിരിക്കുമ്പോൾ ഞാൻ പോവില്ല അദ്ദേഹം കാണില്ല അപ്പോൾ ഞാനും കാണില്ല കാണില്ല പേപ്പർ വായിക്കില്ല അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവും പേപ്പർ വായിക്കാതിരിക്കുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവും എന്റെ വീട്ടിൽ വരില്ല എന്റെ വീട്ടിൽ വരാതിരിക്കുമ്പോൾ ഞാൻ എന്തിനം വാങ്ങിക്കില്ല അപ്പോൾ വായിക്കാൻ പുസ്തകം വാങ്ങിക്കാതിരിക്കുമ്പോൾ വായിക്കാൻ ഒക്കുമോ മോഡൽ ഫൈവ് എനിക്ക് പണം വേണം അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കും എനിക്ക് പണം വേണ്ടപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കും നൗ ഫോ ദോഡൽ എനിക്ക് കാപ്പി വേണ്ട അപ്പോൾ ഞാൻ പച്ചവെള്ളം കുടിക്കും എനിക്ക് കാപ്പി വേണ്ടാത്തപ്പോൾ ഞാൻ പച്ചവെള്ളം കുടിക്കും എനിക്ക് പണമില്ല അപ്പോൾ ഞാൻ കടം വാങ്ങും എനിക്ക് പണം ഇല്ലാത്തപ്പോൾ ഞാൻ കടം വാങ്ങും എനിക്ക് സ്വന്തം വീടുണ്ട് അപ്പോൾ ഞാൻ വാടക വീട്ടിൽ താമസിക്കണോ എനിക്ക് സ്വന്തം വീടുള്ളപ്പോൾ ഞാൻ വാടക വീട്ടിൽ താമസിക്കണോ ചപ്പാത്തി മാത്രം പോരാ അപ്പോൾ നീ ചോറുണ്ണണം ചപ്പാത്തി മാത്രം പോരാത്തപ്പോൾ നീ ചോറ് നീ കുറ്റക്കാരനല്ല അപ്പോൾ നീ പേടിക്കണ്ട കുറ്റക്കാരനല്ലാത്തപ്പോൾ നീ പേടിക്കണ്ട മോഡൽ സിക്സ് മോഡൽ പെണ്ണിനെ നിശ്ചയിച്ചു പെണ്ണിനെ കണ്ട ഉടനെ നിശ്ചയിച്ചു ശമ്പളം കിട്ടി ഉടനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ശമ്പളം കിട്ടിയ ഉടനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിൽ പോയി ജോലി തീർത്ത ഉടനെ വീട്ടിൽ പോയി അച്ഛൻ ഉറക്ക വർത്തമാനം പറഞ്ഞു ഉടൻ കുഞ്ഞുണർന്നു വർത്തമാനം പറഞ്ഞ ഉടൻ കുഞ്ഞുനേഷെത്തി ഞാൻ സ്റ്റേഷനിൽ എത്തിയ ഉടനെ ടിക്കറ്റ് വാങ്ങിച്ചു സ്ഥലത്തെത്തി ഉടനെ വിവരം വീട്ടിൽ അറിയിച്ചു സ്ഥലത്തെത്തിയ ഉടനെ വിവരം വീട്ടിൽ അറിയിച്ചു മനസ്സിലായി അപ്പോൾ മനസ്സിലായി നൗ ഫോളോ ഒരുത്തനെ പിടിച്ചപ്പോൾ കൂട്ടുകാരുടെ രഹസ്യം എല്ലാം മനസ്സിലായി ഒരുത്തനെ പിടിച്ചു അപ്പോൾ കൂട്ടുകാരുടെ രഹസ്യമെല്ലാം മനസ്സിലായി ഞാൻ പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ പറയും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ആളുകൾ ഓടിക്കൂടും പ്രധാനമന്ത്രി വരും അദ്ദേഹത്തിനെ കാണാൻ ആളുകൾ ഓടിക്കൂടും വെള്ളം ആവശ്യമുള്ളപ്പോൾ ഇവിടെ ഒട്ടും വെള്ളം കിട്ടില്ല വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ ഒട്ടും വെള്ളം കിട്ടില്ല അവധിയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അവധിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നത് നാട്ടിൽ പോയി അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ അയാളെ എണീപ്പിച്ചു കളഞ്ഞു സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അയാളെ എണീപ്പിച്ചു കളഞ്ഞു സൗകര്യമുള്ളപ്പോഴെല്ലാം അന്യ ആളുകളെയും സഹായിക്കണം സൗകര്യമുണ്ട് അപ്പോഴെല്ലാം അന്യ ആളുകളെയും സഹായിക്കണം ഭർത്താവിനെ ചോദിച്ചപ്പോൾ അവൾക്ക് നാണം വന്നു ഭർത്താവിനെ പറ്റി ചോദിച്ചു അപ്പോൾ അവൾക്ക് നാണം വന്നു കത്ത് കിട്ടിയ ഉടനെ മറുപടി എഴുതി കത്ത് കിട്ടി ഉടനെ മറുപടി എഴുതി വിശേഷം അറിഞ്ഞപ്പോൾ ഞാനും അന്വേഷിച്ചുപോയി വിശേഷം അറിഞ്ഞു അപ്പോൾ ഞാനും അന്വേഷിച്ചു പോയി പരസ്പരം നന്നായി മനസ്സിലാകുമ്പോൾ കൂടുതൽ സ്നേഹിക്കാനൊക്കും പരസ്പരം നന്നായി മനസ്സിലാകും അപ്പോൾ കൂടുതൽ സ്നേഹിക്കാനൊക്കും ഡ്രിൽ മോഡൽ അവധി കിട്ടിയാൽ നാട്ടിൽ പോകും അവധി കിട്ടുമ്പോൾ നാട്ടിൽ പോകും നൗ ഫോളോ നിഖണ്ടുവിൽ നോക്കിയാൽ അർത്ഥം മനസ്സിലാകും നിഖണ്ടുവിൽ നോക്കുമ്പോൾ അർത്ഥം മനസ്സിലാകും ആ പാട്ട് കേട്ടാൽ പഴയ കഥ ഓർമ്മ പാട്ട് കേൾക്കുമ്പോൾ വരും ആരുമില്ലാത്തപ്പോൾ സങ്കടം തോന്നും പണമുണ്ടെങ്കിൽ സിനിമ കാണാം അവൻ കേൾക്കും നീ പറയുമ്പോൾ അവൻ കേൾക്കും വീട്ടുകാർ സമ്മതിച്ചാലേ അവൻ അവളെ കല്യാണം കഴിക്കൂ വീട്ടുകാർ സമ്മതിക്കുമ്പോഴേ അവൻ അവളെ കല്യാണം കഴിക്കൂ ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ ഞാൻ വന്നപ്പോൾ നീ വന്നു ഞാൻ വരാത്തപ്പോൾ നീ വന്നു നൗ ഫോളോ ദ മോഡൽ പണമുള്ളപ്പോൾ പേടി എന്തിന് പണം ഇല്ലാത്തപ്പോൾ പേടി എന്തിന് വീട്ടിൽ പോകുമ്പോൾ കാര്യം അറിയാം വീട്ടിൽ പോകാത്തപ്പോൾ കാര്യം അറിയാം കാര്യം അറിയുമ്പോൾ കരയുണ്ട പ്പോൾ കരേണ്ടപ്പോൾ കോപിച്ചു വാസ്തവം പറയാത്തപ്പോൾ കോപിച്ചു ചുണ വന്നപ്പോൾ കാര്യം നേടി പ്പോൾ കിട്ടും ഓഫീസർ വന്നപ്പോൾ ഞാൻ ആ കാര്യം എല്ലാവരോടും പറഞ്ഞു ർ വരാത്തപ്പോൾ ഞാൻ ആ കാര്യം എല്ലാവരോടും പറഞ്ഞു